നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ നാം മണ്ണായി തീർന്നാൽ നമ്മൾ പുതിയൊരു സൃഷ്ടിയിലാകുമോ എന്ന അവരുടെ വാക്കുകളിലാണ് വലിയ അത്ഭുതം ഇക്കൂട്ടരാണ് തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ചവർ ഇവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളുണ്ടാകും ഇവർ നരകവാസികളാണ് അവരതിൽ ശാശ്വതമായി വസിക്കുന്നവരുമാണ്